അള്ളാഹു സുബഹാനഹൂവറ്റ് ആല മറിയമ്മിന്റെ മകനായ മസിഹാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യനിഷേധികളായിരിക്കുന്നു മസിഹായ ഇസായ്സ്സലാം പറഞ്ഞു ഓ ഇസ്രാ ഇൽ സന്തതികളെ നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു സുബഹാനഹൂവറ്റ് ആലയെ നിങ്ങൾ ആരാധിക്കുക തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവറ്റ് ആലയോടൊപ്പം മറ്റൊരാളെ പങ്കുചേർക്കുന്നവന് അള്ളാഹുസുബഹാനഹൂവറ്റല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു അവന്റെ സങ്കേതം നരകമായിരിക്കും അക്രമികൾക്ക് സഹായികളാരുമില്ല